യൂണിറ്റ് ട്വന്റി ഫൈവ് ലെസൺ സെവന്റി ഫൈവ് ലിസൺ ഉള്ളി നേതാവുമായൊരു അഭിമുഖ സംഭാഷണം അങ്ങ് കഴിഞ്ഞ വർഷം ഒരു പത്രസമ്മേളനത്തിൽ വച്ച് പറയുകയുണ്ടായി മൂന്നാലു വർഷത്തിനകം നമ്മുടെ സംസ്ഥാനത്തിൽ ഭരണവും വിദ്യാഭ്യാസവും ഒക്കെ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കുമെന്നും പ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത് മാതൃഭാഷയിൽ തന്നെ ആവണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ആകും എന്ന് പറയാൻ ഞാൻ ചോദിച്ചതല്ലോ പോരാതെ ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ആളുമല്ല കാലാവധിയെ ഒന്നും തന്നെ ഞാൻ പ്രസ്താവിച്ചിരുന്നില്ല എന്നാണ് എന്റെ ഓർമ്മ ഇപ്പോഴും അങ്ങ് ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ അതെ ഭരണവും വിദ്യാഭ്യാസവും മുഴുവൻ മാതൃഭാഷയിൽ ആവുന്നതുവരെ സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ പോകുന്നില്ല മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അന്ന് ഉദ്ദേശിക്കുന്നത് പ്രാദേശിക ഭാഷ അതെ അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക ഭാഷാ മറ്റു ഭാഷകൾ മാതൃഭാഷയായിട്ടുള്ള ന്യൂനപക്ഷക്കാർക്ക് നീതി ലഭിക്കില്ല എന്ന പരാതിക്ക് നോക്കൂ ഇതൊക്കെ നിങ്ങൾ പത്രക്കാർ കൽപ്പിച്ചു ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്തിൽ ജീവിച്ചു പോരുന്ന കൊങ്ങിണികൾക്കും തുടു സംസാരിക്കുന്നവർക്കും മറ്റും മലയാളം നാട്ടുഭാഷാക്കിയതുകൊണ്ട് വല്ല പ്രയാസവും ഉണ്ടോ ഇവിടെ ജനിച്ചു വളർന്നവർ അവരുടെ മാതൃഭാഷയോടൊപ്പം ഇതും അഭ്യസിക്കും അത് സമ്മതിക്കാവുന്ന വെച്ചാൽ പോലും വേറെ പല പ്രശ്നങ്ങളും തലപൊക്കുന്നുണ്ട് ഓരോ സംസ്ഥാനത്തിലും അതാത് പ്രാദേശിക ഭാഷ മാത്രം ഭരണത്തിനും മറ്റും ആയാൽ മറ്റുള്ള സംസ്ഥാനക്കാർക്ക് അവിടങ്ങളിൽ ജോലി കിട്ടുവാനുള്ള സാധ്യത വളരെ കുറയുകയല്ലേ ക്രമേണ ഓരോ സംസ്ഥാനവും ഒറ്റപ്പെട്ടു പോവില്ലേ ഇല്ല അത് സംഭവിക്കില്ല അന്യ സംസ്ഥാനങ്ങളിൽ ജോലി കിട്ടുന്നതിനെ നിങ്ങൾ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല പക്ഷെ പ്രാദേശിക ഭാഷ ഭരണഭാഷയും വിദ്യാഭ്യാസ ഭാഷയും കൊണ്ടുണ്ടാകുന്ന നേട്ടത്തിന്റെ മുൻപിൽ ഈ പ്രശ്നത്തിന് സ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ ബഹിഷ്കരിക്കപ്പെടണം എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് അല്ല വാസ്തവം പറയുകയാണെങ്കിൽ ഇക്കാലത്ത് ഒരു ശരാശരി ഭാരതീയൻ നാലഞ്ചു ഭാഷകൾ അറിഞ്ഞിരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അത് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല പോരെങ്കിലും അങ്ങ് ഈ സന്ദർഭത്തിൽ ഭാരതീയൻ എന്നുദ്ദേശിക്കുന്നത് തെക്കേ ഇന്ത്യക്കാരനെ മാത്രമാണോ എന്നൊരു സംശയവും ഉണ്ടാകുന്നുണ്ട് അല്ല തെക്കരും വടക്കരുമെല്ലാം എന്റെ കണ്ണിൽ ാണ് ആയിരുന്നു ആയിരിക്കുകയും ചെയ്യും പക്ഷെ അങ്ങ് കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കുക എന്ന കാര്യം ഏതു ചെറിയ പ്രശ്നവും വലുതാക്കി കാണിക്കുന്നതിലാണല്ലോ പത്രക്കാർ പക്ഷേ സാധാരണക്കാർ രാഷ്ട്രീയ നേതാക്കന്മാരെ കൂടുതൽ വിശ്വസിക്കുക അതാണ് അവർ അപകടത്തിൽ ചെന്ന് ചാടുന്നതും അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ സമയത്തിന് പത്രക്കാർ എത്താറുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ലിസൺ ആൻഡ് റിപ്പീറ്റ് അങ്ങ് കഴിഞ്ഞ വർഷം ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് പറയുകയുണ്ടായി അങ്ങ് കഴിഞ്ഞ വർഷം ഒരു പത്രസമ്മേളനത്തിൽ വച്ച് പറയുകയുണ്ടായി മൂന്നാലു വർഷത്തിനകം നമ്മുടെ സംസ്ഥാനത്തിൽ ഭരണവും വിദ്യാഭ്യാസവും ഒക്കെ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കുമെന്നും ഭരണവും വിദ്യാഭ്യാസവും ഒക്കെ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കുമെന്നും ഇപ്പോൾ അങ്ങിക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത് ഇപ്പോൾ അങ്ങിക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത് മാതൃഭാഷയിൽ തന്നെ ആവണം എന്നാണ് ഞാൻ പറഞ്ഞത് മാതൃഭാഷയിൽ തന്നെ ആവണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ആകും എന്ന് പറയാൻ ഞാൻ ജോലിച്ചനല്ലോ അല്ലാതെ ആകും എന്ന് പറയാൻ ഞാൻ ജോലിച്ചതല്ലല്ലോ പോരാതെ ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ആളുമല്ല പോരാതെ ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ആളുമല്ല കാലാവധിയെ പറ്റി ഒന്നും തന്നെ ഞാൻ പ്രസ്താവിച്ചിരുന്നില്ല എന്നാണ് എന്റെ ഓർമ്മ കാലാവധിയെ പറ്റി ഒന്നും തന്നെ ഞാൻ പ്രസ്താവിച്ചിരുന്നില്ല എന്നാണ് എന്റെ ഓർമ്മ ഇപ്പോഴും അങ്ങ് ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണോ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ അതെ അതെ ഭരണവും വിദ്യാഭ്യാസവും മുഴുവൻ മാതൃഭാഷയിൽ ആവുന്നതുവരെ സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ പോകുന്നില്ല ഭരണവും വിദ്യാഭ്യാസവും മുഴുവൻ മാതൃഭാഷയിൽ ആവുന്നതുവരെ സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ പോകുന്നില്ല മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിക്കുന്നത് പ്രാദേശിക ഭാഷ ആയിരിക്കുമോ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിക്കുന്നത് പ്രാദേശിക ഭാഷ ആയിരിക്കുമോ അതെ അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക ഭാഷാ സംസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക ഭാഷാ സംസ്ഥാനത്തിൽ മറ്റു ഭാഷകൾ മാതൃഭാഷയായിട്ടുള്ള ന്യൂനപക്ഷക്കാർക്ക് മറ്റു ഭാഷകൾ മാതൃഭാഷയായിട്ടുള്ള ന്യൂനപക്ഷക്കാർക്ക് നീതി ലഭിക്കില്ല എന്ന പരാതിക്ക് ഇവിടെ ഉണ്ടാകുമല്ലോ നീതി ലഭിക്കില്ല എന്ന പരാതിക്ക് ഇടയുണ്ടാകുമല്ലോ നോക്കൂ ഇതൊക്കെ നിങ്ങൾ പത്രക്കാർ കൽപ്പിച്ചു പ്രശ്നങ്ങളാണ് ൂ ഇതൊക്കെ നിങ്ങൾ പത്രക്കാർ കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്തിൽ ജീവിച്ചു പോരുന്ന കൊങ്ങിണികൾക്കും തുട് സംസാരിക്കുന്നവർക്കും മറ്റും നമ്മുടെ സംസ്ഥാനത്തിൽ ജീവിച്ചു പോരുന്ന കൊങ്ങിണികൾക്കും തുളു സംസാരിക്കുന്നവർക്കും മറ്റും മലയാളം നാട്ടുഭാഷ ആക്കിയത് കൊണ്ട് വല്ല പ്രയാസവുമുണ്ടോ മലയാളം നാട്ടുഭാഷ ആക്കിയത് കൊണ്ട് വല്ല പ്രയാസവുമുണ്ടോ ഇവിടെ ജനിച്ചു വളർന്ന അവരുടെ മാതൃഭാഷയോടൊപ്പം ഇതും അഭ്യസിക്കും ഇവിടെ ജനിച്ചു വളർന്ന അവർ അവരുടെ മാതൃഭാഷയോടൊപ്പം ഇതും അഭ്യസിക്കും അത് സമ്മതിക്കാമെന്ന് വെച്ചാൽ പോലും അത് സമ്മതിക്കാമെന്ന് വെച്ചാൽ പോലും വേറെ പല പ്രശ്നങ്ങളും തലവെക്കുന്നുണ്ട് വേറെ പല പ്രശ്നങ്ങളും തലപൊക്കുന്നുണ്ട് ഓരോ സംസ്ഥാനത്തിലും അതാത് പ്രാദേശിക ഭാഷ മാത്രം ഓരോ സംസ്ഥാനത്തിലും അതാത് പ്രാദേശിക ഭാഷ മാത്രം ഭരണത്തിനും മറ്റുമായാൽ മറ്റുള്ള സംസ്ഥാനക്കാർക്ക് രണത്തിനും മറ്റുമായാൽ മറ്റുള്ള സംസ്ഥാനക്കാർക്ക് അവിടങ്ങളിൽ ജോലി കിട്ടുവാനുള്ള സാധ്യത വളരെ കുറയുകയല്ലേ അവിടങ്ങളിൽ ജോലി കിട്ടുവാനുള്ള സാധ്യത വളരെ കുറയുകയല്ലേ ക്രമേണ വും ഒറ്റപ്പെട്ടു പോവില്ലേ ക്രമേണ ഓരോ സംസ്ഥാനവും ഒറ്റപ്പെട്ടു പോവില്ലേ ഇല്ല അത് സംഭവിക്കില്ല ഇല്ല അത് സംഭവിക്കില്ല അന്റെ സംസ്ഥാനങ്ങളിൽ ജോലി കിട്ടുന്നതിനെ പറ്റി അന്റെ സംസ്ഥാനങ്ങളിൽ ജോലി കിട്ടുന്നതിനെ പറ്റി നിങ്ങൾ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല നിങ്ങൾ പറഞ്ഞതിൽ കാര്യം ഇല്ലാതില്ല പക്ഷേ പ്രാദേശിക ഭാഷ ഭരണഭാഷയും വിദ്യാഭ്യാസ ആക്കുന്നതു ആക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മുൻപിൽ പക്ഷേ പ്രാദേശിക ഭാഷ ഭരണഭാഷയും വിദ്യാഭ്യാസ ഭാഷയും ആക്കുന്നത് കൊണ്ടുണ്ടാക്കുന്ന നേട്ടത്തിന്റെ മുൻപിൽ ഈ പ്രശ്നത്തിന് സ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നത്തിന് സ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ ഹിഷ്കരിക്കപ്പെടണം അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ ബഹിഷ്കരിക്കപ്പെടണം എന്നാണോ അങ്ങ് എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് അല്ല അല്ല വാസ്തവം പറയുകയാണെങ്കിൽ ഇക്കാലത്ത് ഒരു ശരാശരി ഭാരതീയൻ വാസ്തവം പറയുകയാണെങ്കിൽ ഇക്കാലത്ത് ഒരു ശരാശരി ഭാരതീയൻ നാലഞ്ചു ഭാഷകൾ അറിഞ്ഞിരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ നാലഞ്ചു ഭാഷകൾ അറിഞ്ഞിരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അത് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല അത് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല പോരെങ്കിൽ അങ് ഈ സന്ദർഭത്തിൽ പോരെങ്കിൽ അങ്ങ് ഈ സന്ദർഭത്തിൽ ഭാരതീയൻ എന്നുദ്ദേശിക്കുന്നത് തെക്കേന്ത്യക്കാരന് മാത്രമാണോ ഭാരതീയൻ എന്നുദ്ദേശിക്കുന്നത് തെക്കേന്ത്യക്കാരന് മാത്രമാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് അല്ല അല്ല തെക്കരും വടക്കരുമെല്ലാം എന്റെ കണ്ണിൽ ഒപ്പം തന്നെയാണ് ആയിരുന്നു ആയിരിക്കുകയും ചെയ്യും തെക്കരും വടക്കരുമെല്ലാം എന്റെ കണ്ണിൽ ഒപ്പം തന്നെയാണ് ആയിരുന്നു ആയിരിക്കുകയും ചെയ്യും പക്ഷേ അങ്ങ് കരുതുന്നത് അത്ര എളുപ്പമല്ല പക്ഷേ അങ് കരുതുന്നത് അത്ര എളുപ്പമല്ല ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കുക എന്ന കാര്യം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കുക എന്ന കാര്യം ഏത് ചെറിയ പ്രശ്നവും വലുതാക്കി കാണിക്കുന്നതിലാണല്ലോ പത്രക്കാരുടെ മിടുക്ക് ഏത് ചെറിയ പ്രശ്നവും വലുതാക്കി കാണിക്കുന്നതിലാണല്ലോ പത്രക്കാരുടെ മിടുക്ക് പക്ഷേ സാധാരണക്കാർ രാഷ്ട്രീയ നേതാക്കന്മാരെ ആണല്ലോ കൂടുതൽ വിശ്വസിക്കുക പക്ഷേ സാധാരണക്കാർ രാഷ്ട്രീയ നേതാക്കന്മാരെയാണല്ലോ കൂടുതൽ വിശ്വസിക്കുക അതാണ് അവർ അപകടത്തിൽ ചെന്ന് ചാടുന്നതും അതാണ് അവർ അപകടത്തിൽ ചെന്ന് ചാടുന്നതും അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ സമയത്തിന് പത്രക്കാർ എത്താറുണ്ട് അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ സമയത്തിന് പത്രക്കാർ എത്താറുണ്ട് എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത് This is the end of the intensive course in Malayalam, produced at Central Institute of Indian Languages, Mysore.